1 തീമത്തെയോ ആറാം അധികാരം ഒന്ന് ആറാം അധ്യായം പനോസനാകിയ പൗൽ തീമത്തിക്ക് വിട്ട ജീവനായി പറ്റിക്കൊള്ളി ആറാം അധ്യായം പനം പന്ത്രണ്ടാം വാക്യം നിത്യ ജീവനെ പിടിച്ച് കൊള്ളുക അതേ അതിനായി നീ വിളിക്കപ്പെട്ട് അനേകം സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാരം കഴിച്ചുവല്ലോ ക്രിസ്തുവാണ് നമുക്ക് നിത്യജീവനെ പിടിച്ചു കൊള്ളുവാനായിട്ട് നാം വിളിക്കപ്പെട്ടിരിക്കുന്നു അഴിക്കപ്പെടില്ല മറ്റൊന്നിനും അല്ല നമ്മെ വിളിച്ചിട്ടുള്ളത് വാലിബനെ പറ്റിക്കൊണ്ടായി പ്രിയ ചെറുപ്പക്കാരാ ചെറുപ്പക്കാരി നീ എന്തിനെയാണ് പിടിച്ചിട്ടുള്ളത് നീ പിടിക്കപ്പെടവേണ്ടിയോ പറ്റിക്കൊള്ള വേണ്ടിയ ഒരേ ഒരു വിഷയം ആണ്ടവരാ യേശു മാത്രമേ നാം പിടിച്ചുകൊള്ള വേണ്ടത് നീ പിടിച്ചുകൊള്ളേണ്ട ഒരേ ഒരു കാര്യം കർത്താവായ യേശു ക്രിസ്തുവാണ് ഋത് ജഹോ ദേവനെ പറ്റിക്കൊണ്ടാൽ യഹോവയായ ദൈവത്തെ പിടിച്ചു അവൾ തനയുടെ വാഴ്ക്കയിലായ ദേവൻ അവൾക്ക് സമ്പൂർണമായി സകള എല്ലാവരും അവൾ തൻ്റെ ജീവിതത്തിലെ മുഴുവനും യേശു ദൈവത്തിനായിട്ട് അവൾ അർപ്പിച്ചു ദൈവനെ അല്ലാതെ പിടിക്ക് നമുക്ക് ഒരു വിരുപ്പമോ ഒരു ഡിസൈനോ വാഴ്യിൽ ഇല്ലാമിരിക്കട്ടും ദൈവമല്ലാതെ നമ്മുടെ ജീവിതത്തിൽ മറ്റൊരാഗ്രഹമോ താല്പര്യമോ നമുക്ക് ഇല്ലാതിരിക്കട്ടെ വെളിപ്പെടുത്തിന് വിശേഷം മൂന്നാം അധികാരത്തിൽ വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായം ഉയർത്തെഴുന്ന ആണ്ടവർ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ുംക്കവകുള്ളത് പിടിച്ച ആമ്പ്രിയവർ നാം ജാഗ്രതയായി നാം പറ്റി പിടിക്കാത്ത പക്ഷത്തിൽ നമ്മുടെ ജീവ കരീടം എന്നാൽ എടുത്തൊള്ളപ്പെടും നാം ജാഗ്രതയോടെ മുറുകെ പിടിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവ അത് എടുത്ത് മാറ്റിപ്പെടും അത് നിത്യ ജീവൻ നമ്മ വിട്ട് പരിപോകും നിത്തിയജീവൻ നമ്മൾ നീങ്ങിപ്പോകും പിശാസാനവൻ എപ്പിടി എന്തേരത്തിലെ പറിക്കലാങ്ക അവൻ കങ്കണം കട്ടി വൈരാക്കിയാശാജി വളരെ തന്ത്രപൂർവം വളരെ ഉത്സാഹത്തോടെ എങ്ങനെയാണ് ആളുകളെ തെറ്റിക്കുവാനായിട്ട് ആദ്യം മുതൽ തന്നെ എന്ന് നമുക്കറിയാം ഏതേ തായ്തെ വഞ്ചി അവരുടെ ഏതെൻ തോട്ടത്തിൽ വെച്ച് ആദ്യ മാതാപിതാക്കളെ വഞ്ചിച്ച് അവരിൽ നിന്നും ദൈവത്തിന്റെ ഏറ്റവും മെച്ചമായതിനെ അവൻ കവർന്നു കൊണ്ടുപോയി ഒരു ഒരു അട്രാക്റ്റീവാണ് ഒരു ഫ്രൂട്ടിച്ച് ആകർഷകമായ ഒരു ഫലത്തെ കാണിച്ച് ദൈവത്തിന്റെ സാരൂപ്യത്തെ അവരുടെ മാറ്റി കളഞ്ഞു ഇളക്ക് പണിനാൻ ദൈവ സാന്നിധ്യത്തിൽ നിന്നും അവരെ തള്ളിക്കളഞ്ഞു ഏതെൻ തോട്ടത്തെ വിട്ട് അവരത്തപ്പെട്ട ഏതെങ്കിലും തോട്ടത്തിൽ നിന്നും അവരെ തള്ളുമാറാക്കി ഭൂമിയെ ആണ്ട് കൊള്ളിയതാണ് അധികാരത്തെ അവൻ ഇഴക്ക ഭൂമിയെ ായി ദൈവം നിയമിച്ചിരുന്ന അധികാരത്തെ അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞു ആകർഷകമായ ഒരു ഫലത്തെ കാണിച്ചാണ് ദൈവം അവർക്ക് വേണ്ടി ഒരുക്കിയിരുന്നതിൽ നിന്നും അവരെ തള്ളിക്കളഞ്ഞു അവൻ ആദ്യം ആരംഭം മുതൽ കവർച്ചക്കാരനും കൊള്ളക്കാരനുമായിട്ടാണ് പിശാജിനെ നാം കാണുന്നത് നാം വായിക്കുന്നല്ലോ ആദ്യാ അധികാരത്തിൽ അവനുടേ ശ്രേഷ്ഠ പുത്ര ഭാഗത്തെ അവൻ്റെ ജ്യേഷ്ഠ അവകാശത്തെ അർപ്പമാണ് ഒരു സവപ്പ് കൂഴൈ കാ തന്ത്രമായി പരിത്താനോ ഒരു ചുവന്ന പായസം കാണിച്ച് എപ്രകാരം യാക്കോബ് ആ ജ്യേഷ്ഠാവകാശത്തെ വാങ്ങിയോ തനോടെ ശ്രേഷ്ഠ ജ്യേഷ്ഠാവകാശത്തെ അവൻ തള്ളിക്കളഞ്ഞു യാക്കോബ് എപ്പിടി പരിത്താനോ അതേപോലെ താൻ പിസാസാനവും ഏതോ ഒരു സഹപ്പാണ് കൂടെ ഒരുപത്തെ കാണിച്ച് ഒരു ഈ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു മായ മോഹത്തെ ഒരു ചുവന്ന പായസത്തെ കാണിച്ച് യാക്കോബ് ജ്യേഷ്ഠാവകാശം പറിച്ച് അതുപോലെ ഒരുക്കി വെച്ചിരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ദൈവം ഒരുക്കിയിട്ടുള്ള നിത്യജീവൻ അഴിപ്പ് നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ദൈവത്തിന്റെ വിളി ഉണ്ട് ദൈവം ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവിക ഉദ്ദേശം എവളിക്കൽ ഉരുവാക്കും ഇവിടെ നിന്ന് ഇവിടെ നിന്ന് എഴുന്നേൽക്കണം എന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട് ദൈവം നിങ്ങളെ മുന്നമേ കണ്ടിരിക്കുന്നുള്ള നാമധേയ ക്രിസ്ത്യാനികളുടെ അടുക്കലല്ല പിശാജ് അവന്റെ കവർച്ചയുമായിട്ട് ചെല്ലുന്നത് പോരാട്ടം കിടന്നു പിശാജ് ഒരു നാമധേയ ഒരു ആത്മീക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാത്ത നാമതേ ക്രിസ്ത്യാനിയുടെ അടുത്ത് ചെന്ന് പോരാട്ടത്തിന് നിങ്ങളുടെ നിത്യജീവനെ പിശാജ് താല്പര്യത്തോടുകൂടി അടുക്കിലേക്ക് വരുന്നു ജീവകിരീടം നഷ്ടപ്പെടുത്താതെ പിടിച്ചുകൊള്ളുക എന്നായി യുദാസ് മൂന്ന് ചിലവഴിച്ച യുദാസുരം പതിനാറാം വസനത്തിൽ പതിനാറാം വാക്യത്തിൽ യൂതാ കുറിച്ച് നാം വായിക്കുന്നു പതിനേഴാം വസനം അവൻ എങ്ങളിൽ ഒരുവനാ എണ്ണപ്പെട്ട അവൻ ഞങ്ങളുടെ എണ്ണത്തിൽ ഉൾപ്പെട്ടവനായി ഈ ശുശ്രൂഷയിൽ പങ്ക് ലഭിച്ചിരുന്നുവല്ലോ എന്ന് യൂതയെ കുറിച്ച് ആഗ്രഹിച്ചു അവനുടേപ്പ് വേറൊരു അവൻറെ അധ്യക്ഷ സ്ഥാനം മറ്റൊരു ലഭിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നു ീടം ഉണ്ടായിരുന്നു കാണിത്തൊരു കാണിച്ച് അവനെ എന്നാൽ അവരുടെ കരീടത്തെ പരിച്ചിട്ട് മൂല്യം ഇല്ലാത്ത ഈ ലോകത്തിന്റെ െ കാണിച്ച് ആ ജീവകിരീടം യൂതയിൽ നിന്നും കളഞ്ഞു ഇത് കാലാകാലമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അവനു കുറിയായിട്ട് ദൈവം ഒരുക്കിയ കാര്യത്തെ അവൻ മുറുകെ പിടിച്ചില്ല അർമ്മയാണ് ഉരുളേ മോശം പോകും ഒരു പറ്റിക്കൊള്ളവരേ കർത്താവേ നിത്യജീവനെ അങ്ങേ ഞാൻ മുറുകെ പിടിക്കട്ടെരുടെ നിത്യ ജീവൻ ചിലരുടെ നിത്യജീവൻ ഇപ്പൊ ും ചേർന്ന് അപ്പൊ തട്ടിവിട്ട് പഠിക്കുന്നത് ഇപ്രകാരം ഞാൻ മുറുകെ പിടിച്ചാൽ ആർക്കും അത് തട്ടി എൻ്റെ കയ്യിൽ നിന്ന് തട്ടി കളയുവാൻ കഴിയുകയില്ല ഇവിടെ ഇരുക പറ്റിക്കൊള്ളു ഇപ്രകാരം ഞാൻ മുറുകെ പിടിക്കേണ്ടതുണ്ട് നിത്യജീവൻ നിത്യജീവൻ ഇപ്പം ചിലര് നിത്യജീവനെ പിടിക്കുന്നത് ഇങ്ങനെയാണ് രണ്ട് വിരളിൽ തൂക്കിയിട്ട് പിടിക്കുന്നത് അവിടെ നിത്യജീവൻ അന്തറത്തിൽ തൊങ്ങிறது പോലെ അവിടെ തൊങ്ങുത് ഇടി ഇവിടെ ആകാശത്തിൽ ഇങ്ങനെ தூങ്ങുന്നത് പോലെ നിത്യജീവൻ ഇങ്ങനെ தூங்கி കിടക്കുകയാണ് ആ அப்ப എ쁘ിന്നാൽ ഇ쁘ിന്നാ പോദം എന്നെ செஞ்சிரோ அப்படினா ஈஸியா தட்டி விட்டு பறச்சிரலாம் ஒரு தട്ട് കൊടുത്താൽ മതി அது താഴെ പോ നിങ്ങളുടെ ഹോൾഡ് എப்படி இருக்குதுလဲ നിങ്ങളുടെ പിടി നിത്യജീവനിലെ പ്രകാരമാണ് നിങ്ങൾ സ്ട്രോങ്ങ ആയി പിടിച്ചേണം നിങ്ങൾ വളരെ മുറുകെ പിടിക്കണം அந்த അഞ്ച് ഫിംഗേഴ്സ് കുറുത്തു ഞാൻ അത് ഹൃദയത്തിൽ അന്ന് കൈക്കൊണ്ടു ഗ്രൂപ്പ് അദ്ദേഹം പറഞ്ഞത് നമുക്ക് ഒരു ഉറപ്പുള്ള പിടി ഉണ്ടാകണമെങ്കിൽ അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകണമെന്ന് അദ്ദേഹം പറഞ്ഞു പറ്റിക്കൊള്ളത് അല്ലെങ്കിൽ നിത്യ ജീവനെ നറ്റിക്കൊള്ളണ ഒരു അത് അത്യാവശ്യമായ കാര്യങ്ങൾ എനിക്ക് വേണം ഞാൻ യേശുവിനെ മുറുകെ പിടിക്കണമെങ്കിൽ നിത്യജീവിനെ മുറുകെ പിടിക്കണമെങ്കിൽ എനിക്ക് അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആവശ്യമാണ് എന്നാൽ അതൊരു ഫിംഗർ പോലെ എന്നാകയിൽ വേദവസനവും ജപമും എന്നെ വാഴ്ക്കയിലെക്കണു എന്ന ജീവിതത്തിൽ അതൊരു വിരള് പോലെ വേദപുസ്തകവും വേദപുസ്തക പഠനവും പ്രാർത്ഥനയും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കണം അത്യാവശ്യമായ കാര്യമാണ് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതൊരു വിരൾ പോലെ അത് അതൊരു വിരള് പോലെ എന്റെ ജീവിതത്തിൽ ആവശ്യമാണ് ഞാൻ ഓരോ ദിവസവും ഏതെങ്കിലും ഒരു കാര്യത്തിൽ വീണെന്നിരിക്കാം വാക്കിൽ പാർവയിലെ നോട്ടത്തിൽ ആക്ടിവിറ്റീസിലെ പ്രവർത്തനങ്ങളിൽ എന്റെ പ്രവർത്തനങ്ങളിൽ അനേക വിഷയങ്ങളിൽ നാം തവറ അനേക കാര്യങ്ങളിൽ നാം തെറ്റിപ്പോകുന്നു അപ്പൊ മൂന്നാമത്തെ വിരൽ മൂന്നാമത് എസെൻഷ്യൽ തിങ് ക്രിസ്തി ജീവിതത്തിൽ അടിസ്ഥാനപരമായ ആവശ്യമുള്ള കാര്യം അഭിഷേകം പരിശുദ്ധ ആത്മാവിന്റെ നിറവ് പരിശുദ്ധ ശക്തി നാങ്കാവത് നാല് എടുക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് ഐതാവ് ദേവ പിള്ളോട് കൂടെ ഉണ്ടാണ് ഐക്യം അഞ്ച് മക്കളോട് ഉള്ള കൂട്ടായ്മ വരെ വീണ്ടും പറയട്ടെ േശുവിനെ മുറുകിരിക്കണമെങ്കിൽ അല്ല നിത്യ ജീവനെ നാ ഇ പറ്റി കൊള്ളും പിടിക്ക് നിത്യ ജീവനെ ഞാൻ മുറുകെപ്പിടിക്കണമെങ്കിൽ വേദ വസനമും ജപമും വാഴക്കേണ്ട എന്റെ ജീവിതത്തിൽ ദൈവ വചനവും പ്രാർത്ഥനയും എന്റെ ജീവിതത്തിൽമാരുടെ കൂട്ടായ്മ സൗദര്യ സഹോദര്മാരുടെ കൂട്ടായ്മ ആവശ്യം ഇത് അഞ്ചുണ്ടെങ്കിൽ എനിക്ക് മുറുകെ പിടിക്കുവാനായിട്ട് കഴിയും ഇല്ലാതെ ഇല്ല എങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ട നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും ജപവും നമ്മുടെ അത്യാവശ്യം വേദ പുസ്തക പഠനവും പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനമാണ് എന്നുള്ള കാര്യം ഞാൻ ഈ സെഷനിൽ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കട്ടെ അപ്പോസ് നടപടികൾ എട്ടാം അധികാരം പ്രവർത്തികൾ എട്ടാം അധ്യായം ദേവൻ യാരെ സന്ദിക്കാർ വരുമ്പോഴേ ാണ് സന്ദർശിക്കുന്നത് എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെപ്യയിൽ നിന്ന് ഒരു സാമ്പത്തികം എട്ടാം അധ്യായം ആ വാക്യം നമുക്ക് വായിക്കാം അവൻ പുറപ്പെട്ടു ചെന്നപ്പോൾ കന്നക്ക എന്ന എത്യോപ്യ രാജ്ഞിയുടെ ഒരു ഷണ്ടനും മഹാനും അവളുടെ സകല ഭണ്ഡാരത്തിനും മേൽവിചാരകനുമായ ഒരു എത്യോപ്യനെ കണ്ടു അവൻ പണിതു കൊള്ളും മുടിക്ക് അവൻ വന്ന് ഒരു പാരമ്പര്യമായ ഒരു പ്രജാതിയാണ് അവൻ അവനൊരു വിജാതീയനായ ദൈവത്തെ അറിഞ്ഞുകൂടാത്ത ഒരു വ്യക്തി അവനൊരു ഫിനാൻഷ്യൽ മിനിസ്റ്റർ അവൻ അവൻ ഒരു ഫിനാൻസ് മിനിസ്റ്ററാണ് തന്നുടേ രാജ സ്ത്രീ ആകിയ കാന്ത കിക്വസ്റ്റ് പണിയിട്ട് നാ ജലേം നായിട്ട് വരണോ നാളുള്ളതാണ് ജൂസ്നുടേ കാർഡ് ജെഹവാ ഗാഡ് നാഷിപ്പ് പണ്രക്കാ നാ പോ പർമിഷൻ പണ്രപ്പ ഒരു മിനിസ്റ്ററാർക്കതിനാൽ ഇന്നു ഫ്ലൈറ്റ കൊടുത്ത് അനുപോയ് പോലെ ഒരു രഥത്തെ കൊടുത്ത് അവൾ അനപ്പി വാൾ ഇപ്പോൾ കന്ദക്ക എന്നത എപ്പാജ്ഞിയോട് എനിക്ക് ഇങ്ങനെ ിലുള്ള അവരുടെ ദൈവത്തെ ഹോവയായ ദൈവത്തെ എനിക്ക് പോയി വണങ്ങണം എന്ന് പറഞ്ഞ് ഒരു ഇത്രയും ഉയർന്ന സ്ഥാനത്തുള്ള ഒരു സാമ്പത്തിക ഫിനാൻസ് മിനിസ്റ്റർ ആയതുകൊണ്ട് അദ്ദേഹം രാജ്ഞിയോട് ചോദിച്ചപ്പോൾ ഇന്ന് അന്നൊരു ഫ്ലൈറ്റ് ഇന്ന് ഈ കാലഘട്ടത്തിൽ ഒരു ഫ്ലൈറ്റ് കൊടുത്ത് അവരെ അയക്കുന്നതുപോലെ അദ്ദേഹം അവർ ഒരു രഥത്തെ കൊടുത്ത് അദ്ദേഹത്തെ അയക്കുകയാണ് ഓക്കെ ജെരുസലേം വന്നിട്ടാ മിനിസ്റ്റർ വന്നിട്ടാർപ്പേ ഈ മന്ത്രി ഇപ്പോൾ എരുസലേമിലെത്തി ഓക്കെ അങ്ങക്കൂടിതാണ് ലാഡ്ജസ് വിടുതലും കൂടെ തങ്ങിപ്പാർ അവൻ അവിടെ ഉള്ള ഏതെങ്കിലും വലിയ ലാഡ്ജിലായിരിക്കാം താമസിച്ചത് ഒരു വാരം ഇന്നിരിക്കാം ടെൻ ഡേസ്ലാം ഒരു ആഴ്ച ആയിരിക്കാം പത്ത് ദിവസമായിരിക്കാം നമുക്ക് അറിയില്ല ഒരു ഫിനാൻഷിയൽ മിനിസ്റ്റർഗതി ഉള്ള അത് ടെമ്പിൾക്ക് അവരെ കൊണ്ടുപോകത്ത് പർമിഷൻ അവിട്ടർ കോർട്ട് മറ്റുള്ള പർമിഷൻ ഒരു സാമ്പത്തിക മന്ത്രി ആയതുകൊണ്ട് നിങ്ങൾ ഒരു പുരജാതിലാരം പോകാ യു കെൻ എൻ്റർ അപ്പം അദ്ദേഹത്തോടൊരു പക്ഷേ ആ ആലയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾക്ക് പോകുവാനായിട്ട് നിങ്ങളൊരു യഹൂദനല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് അകത്ത് പ്രവേശിക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയില്ല ആലയത്തിൻ്റെ പ്രാകാരത്തിൽ നിങ്ങൾക്ക് പ്രവേശിക്കാം എന്ന് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടാവും സാരമില്ല അതാണെങ്കിലും കുഴപ്പമില്ലേ ഞാൻ അങ്ങനെ അതിൻ്റെ പ്രാകാരത്തിൽ പുറ പുറം ഭാഗത്ത് ഞാൻ കണ്ടിട്ട് ഞാൻ പോയിക്കോളാം ഒരു നാളോ രണ്ടു നാലോ മൂന്ന് നാളോ ഒരു വാരമോ ലോഡ്ജ് പോകേണ്ടിയത് ദേവാലയത്തി വരവേണ്ടിയത് ഔട്ടർ കോട്ട റൗണ്ട് പണി നിർപ്പാർ അങ്ങനെ ഒരു ദിവസമാണോ ഒരാഴ്ചയാണോ എത്ര നാളാണ് അദ്ദേഹം ലോഡ്ജിൽ നിന്ന് ഈ ആലയത്തിലേക്ക് വരുന്നു ആലയത്തിൻ്റെ ചുറ്റും പ്രാകാരത്തിൽ കിറങ്ങിയ ശേഷം അദ്ദേഹം തിരികെ പോകുന്നു ഓക്കെ ഇപ്പോൾ അവരുടെ ടൈം മുടിഞ്ഞിട്ട് അവർ ക്ലംബറാർപ്പ് അപ്പോൾ അപ്രകാരം നമസ്കരിച്ച ശേഷം അദ്ദേഹം തിരികെ പോവുകയാണ് അങ്ങ് ദേവാലയത്തിലുള്ളതാണ് ആചാര്യരുടെ ഇടത്തേ ആ ആലയത്തിലുള്ള പുരോഹിതന്മാരോട് ഉള്ള ഹോലി ബുക്ക് ഏതാ ഉശുദ്ധ പുസ്തകം ഉണ്ടോ എന്ന് അദ്ദേഹത്തോട് അവരോട് ചോദിച്ചിട്ടുണ്ടാവും യാ എന്താ സ്ക്രസ് ബൈബിൾ സ്ക്രസ് എങ്ങനെസാർക്കും അദ്ദേഹം അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടാവും ഞങ്ങൾക്ക് പ്രവാചകന്മാരുടെ ആ തോൽ ചുരുളുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാവും അത് വളരെ വിലയേറിയതാണ് വിലയേറിയതാണ് നിങ്ങൾ ഏറ്റവും നല്ല പുസ്തകം ഏറ്റവും നല്ല ചുരുൾ നിങ്ങളുടെ കയ്യിലുള്ളത് ഏതാണ് നിങ്ങൾ പറയൂ അപ്പോ ഒരു പക്ഷേ അദ്ദേഹം എനിക്ക് സാരമില്ല ദൈവത്തിന്റെ ചുരുളാണല്ലോ ഞാൻ അത് അതിനെ സ്നേഹിക്കുന്നു അവിടെ വാങ്ങി മുത്തമിട്ട് വാങ്ങീരിണ്ടിർപാർ അദ്ദേഹം അദ്ദേഹം ആ കാലഘട്ടത്തിൽ അദ്ദേഹം ആ ചിരുൾ വാങ്ങി അദ്ദേഹം മുത്തമിട്ട് അദ്ദേഹം അതിനെ ചുംബിച്ചു അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ടാവും ഇപ്പ ഊർക്കി கிளmbrാറു ഇപ്പ രഥത്തിൽ തിരിവി പോരാറു ഇപ്പ അങ്ങനെ അദ്ദേഹം രഥത്തിൽ തന്റെ നാട്ടിലേക്കി തിരികെ യാത്രയവുകയാണ് അതവർ ട്രാവലിൽ പോരാറു ഇപ്പ ഒരു ട്രാവൽ ഹീ വാസ് ഓൺ ട്രാവൽ അദ്ദേഹം അങ്ങനെ രഥത്തിൽ യാത്ര നാട്ടിലേക്കുള്ള യാത്രയിലാണ് ഇന്നിക്ക് ട്രെയിൻ ട്രാവൽസ് எல்லாம் നിങ്ങൾ பார்த்தോന്നാണേക്കി ഇന്ന് ട്രെയിനിലുള്ള യാത്രകളിലൊക്കെ നാം ശ്രദ്ധിച്ചാൽ എന്നോട് വിട്ടിട്ട് വേണ്ടെ എൻ്റെ സെൽഫോൺ അവിടെ വെച്ചിരിക്കുന്നതില ഇവിടെ ഒന്ന് കുത്തി രണ്ടെണ്ണം ചെവിയിൽ വെച്ചിട്ടാണ് യാത്ര ചെയ്യാറുള്ളത് ആയിട്ട് വരുമ്പോ ഹൺഡ്രഡ് സീറ്റ് സീറ്റ് നമ്പർ നൂറ് എന്ന് ചോദിച്ചാൽ ണെങ്കിലോ ചെറിയ കുട്ടിയാണെങ്കിലും വലിയ കുട്ടിയാണെങ്കിലും എല്ലാവരും ഇത് തന്നെ സിനിമയും കണ്ടുകൊണ്ടിരിക്കുകയാണ് നൂറ് ആരാണ് നൂറാറാണ് ോട് ചോദിച്ചു നിങ്ങളാണോ നൂറ് മറിയും അവര് അവര് വന്നിട്ട് ഇദ്ദേഹത്തെ ശബ്ദം വെച്ച് വഴക്ക് പറയും എല്ലാവരും ഇന്ന് ചെറുപ്പക്കാരാണെങ്കിലും മുതിർന്നവരാണെങ്കിലും എല്ലാവരും മൊബൈൽ ഫോൺ സെൽഫോണിന്റെ പിടിയിലാണ് എല്ലാ ഹെഡ്സെറ്റി ഉണ്ടാട്ട് മ്യൂസിക് മൂവീസ് ചാറ്റിങ് ഇന്ന് ചെവിയിൽ ഹെഡ്സെറ്റും വെച്ച് എല്ലാവരും പാട്ട് സിനിമ അവൻ നമസ്കരിക്കുവാൻ വന്നിട്ട് മടങ്ങി പോകുമ്പോൾ ഇരുന്ന് പ്രവാചകന്റെ പുസ്തകം വായിക്കുകയായിരുന്നു മനസ്സിലായില്ലെങ്കിലും ഞാൻ കൂടെ ഒരു പക്ഷേ യന്മാരുടെ അറിയാമായിരിക്കും എവിടെയോ മറ്റൊരു സ്ഥലത്തിനോട് ആ രഥത്തിന്റെ അടുക്കിലേക്ക് നീ ചെല്ലുക എന്ന് പറഞ്ഞിപ്പിനെ യാത്ര ചെയ്യുമ്പോൾ ഇതാ ബൈബിൾ വായിച്ചു ആരും കാണാതെ ഇരിക്കുന്ന ആ സമയങ്ങളിൽ നിന്റെ യാത്രയിൽ മറ്റൊരു സ്ഥലത്ത് നീ ദൈവ വചനം വായിക്കുന്നത് ദൈവം കാണുമോ നിശ്ചയം അങ്ങനെ വായിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവം നിന്നെ വന്ന് സന്ദർശിക്കും നിന്റെ ജീവിതത്തിലേക്ക് ഒരു ഫിലിപ്പിനെത്തും ദൈവം അയക്കും സമയം ഒരുങ്ങും നിനക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടിയുള്ള സമയം എന്നാൽ ദൈവം നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെയും താല്പര്യത്തെയും നോക്കുന്നവനാണ് ാണ് കഴിയുക പിതാക്കന്മാരെ ആദ്യ മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കുകയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കും നിങ്ങൾ എപ്പിടി ജയിക്കാൽ ദൈവ വസനം നിലത്തിൽ നിങ്ങൾക്ക് ജയിക്കുവാൻ കഴിയണമെങ്കിൽ ദൈവ നിങ്ങളിൽ വസിച്ചിരിക്കണം അതിനാൽ അതുകൊണ്ടാണ് പിശാജ് ഇപ്രകാരം ചെയ്യുന്നത് ഇന്ന് വാലിപ ഉലക വാലിപൻ എന്നെ ജയിക്കാമൊക്കെ ഇവനുക്ക് വേദവസനം തരമ പണിവനെ ഈ ചെറപ്പക്കാരൻ പിശാജിനെ ജയിക്കുന്നത് എന്നെ അതുകൊണ്ട് എന്ത് ചെയ്യണം എങ്ങനെയെങ്കിലും ദൈവ അവൻ വായിക്കരുത് പഠിക്കരുത് അവത് നിലത്തിരിക്കൂടാതെ അവനെ അറിയക്കൂടാതെ അവൻ വാസിക്ക കൂടാതെ പിടിക്ക് എന്നാ ചെയ്യണമോ അത് ചെയ്യാവ വായിക്കാതിരിക്കുവാൻ ദൈവ വചനത്തിൽ അവന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാതിരിക്കുവാൻ ഉത്സാഹിപ്പിക്കുവാനായിട്ട് ഞാൻ കാണിക്കട്ടെ ഇത് ഇത്മൂധികം ഒന്ന് ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും അവിടേക്ക് തിരിച്ച് വായിക്കുവാനായിട്ട് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കും അധ്യായം വായിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഫിലിസ്തീരുടെ അവരുടെ പദ്ധതി മറ്റുള്ളവരെ ചതിക്കുവാനുള്ള അവരുടെ പ്ലാൻ ഇപ്രകാരമായിരുന്നു ഞാനൊരു അല്പം ഇമാജിനേഷനോടുകൂടെ ഈ കാര്യത്തെ ഇങ്ങനെ പറയട്ടെ ഇന്ന കോട്ടയം പകുതി കോട്ടയം പ്രദേശത്ത് എബ്രേയോട് പാളയം ഇറങ്ങി അച്ഛൻ ലക്ഷക്കണക്കാണ് എബ്രേയ പാളയം ഇറങ്ങിയിരിക്കാൻ വെച്ചു ലക്ഷക്കണക്കിന് എബ്രായർ ഇവിടെ പാളയം ഇറങ്ങിയിരിക്കുന്നു ഇത് അവരുടെ ഇത് അവരുടെ ദേശമാണ് ചിന്തിക്കുക ഓക്കെ ആണ് ഇവിടെ രാജാവ് പക്കത്തിൽ ആ ഫലിസ്തീ അടുത്തുള്ള ഫെലിസ് അവർ ഒരു പദ്ധതി രൂപപ്പെടുത്തുന്നു ഒരു ഒരു വർഷം കളിച്ച് ആഫ്റ്റർ ഒന്ന ഇയർ കളിച്ച് കോട്ടയം പകുതിക്ക് ഇസ്രേലുകളെ വാർ പ്ലാൻ പറ്റാം ഒന്ന ഇയർ കളിച്ചു വരണ പ്ലാൻ ഒരു വർഷത്തിന് ശേഷം ഈ കോട്ടയത്ത് വന്ന് ഇവിടെ നമുക്ക് യുദ്ധം ചെയ്യണം ഇതാണ് അവരുടെ അവരുടെ തട്ടം ഇപ്പൊ വര കൂട ഒ കളിച്ചു ഇപ്പോഴല്ല ഒരു വർഷത്തിന് ശേഷം അവർ എന്താണ് പദ്ധതി ഇടുന്നത് എന്ന് കാണുക ചിന്തിക്കുക എല്ലാ ബ്ലാക്ക് സ്മിത്തെയും അപ്പുറപ്പെടുത്തിയിട്ടാ അവര് ഈ കോട്ടയം പ്രദേശത്തുള്ള എല്ലാ കൊല്ലന്മാരെയും അവര് ഇവിടെ പുറത്താക്കുന്നു ഇത് എവള നാളായി അത് ആറ് മാസം ഒരു വർഷം ആയിട്ടു ആറ് മാസം ഒരു വർഷത്തിനുള്ളിൽ കോട്ടയം പ്രദേശത്തുള്ള എല്ലാ കൊല്ലന്മാരെയും തിരഞ്ഞു പിടിച്ച് അവരെ ഇവിടെ നിന്ന് പുറത്താക്കും ഫിലിസ്തീന്മാർ എത്ര അധികം പദ്ധതിയിട്ടിട്ടാണ് കാര്യങ്ങൾ അവർ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക അവരിക്ക് മനസ്സിലാവുന്നില്ല അവിടെയുള്ള ഓരോരോ കൊല്ലന്മാരും അവർ കുറച്ചു കഴിയുമ്പോൾ കൊല്ലന്മാരെ കാണുന്നില്ല കൊല്ലന്മാരൊക്കെ ഇവിടെ നിന്ന് അപ്രത്യക്ഷമാവും അവ പട്ടയത്തെ തയ്യാരിപ്പൊണ്ടാണെന്ന് വെച്ചാൽ ഇരുമ്പൊക്കെ ഈ രീതിയിലുള്ള ഇരുമ്പ് നന്നാക്കുന്ന കൊല്ലന്മാരവിടെ ഉണ്ടെങ്കിൽ അവര് കൊല്ലന്മാരാണ് വാളുകൾ ഉണ്ടാക്കുന്നത് ഒരു വർഷം കഴിഞ്ഞ് യുദ്ധ നാൾ വന്നത് യുദ്ധത്തിന്റെ ദിവസം വന്നു എടുത്ത് വാച്ചിട്ടാണ് അവരെ കഹളം ധനിച്ചു ും കോട്ടയത്തെ അപ്പൊ അവര് ആയുധശാലയിലേക്ക് ചെന്നപ്പോ എല്ലാം ഉടഞ്ഞത് അവിടെ ഇരിക്കുന്ന ആയുധങ്ങളൊക്കെ ഉടഞ്ഞ ആയുധങ്ങൾ പൊട്ടിയ വാളുകൾ കൂറില്ലാ അതിന് മൂർച്ചയില്ലാത്ത ആയുധങ്ങൾ കൈയില്ലാതെ അതിന് കൈയില്ല ുംക്കതായങ്ങളില്ലുധമേ ഇല്ല ആയുധങ്ങൾ ഉപയോഗിക്കുവാൻ തക്കതായ ആയുധങ്ങൾ ഇല്ല രാജ്യത്തുള്ള എല്ലാ കൊല്ലന്മാരെയും വിളിച്ചുകൊണ്ട് അന്വേഷിച്ചിട്ടും ഇവിടെ ആരും കൊല്ലന്മാരെ കാണുന്നില്ല എന്ന് പറയുന്നത് ും കയ്യിലും മാത്രമാണ് വാൾ ഉള്ളത് ഇതേത്തി പിശാജ് ഇവിടെ ഉപയോഗിച്ചും എങ്ങനെയെങ്കിലും വണ്ണം ഞാൻ കാര്യങ്ങളെ നോക്കിക്കൊള്ളാം ചെറുപ്പക്കാരെ നിന്നോട് ദൈവം സംസാരിക്കുന്നു നീ പട്ടയം ഇല്ലാതെ പിടിക്ക് നിന്റെ കയ്യിൽ ആവശ്യ സമയത്ത് വാളില്ലാതിരിക്കുവാനായി പിശാജ് തന്ത്രം മെനയുന്നത് നീ കാണുക നിന്നെ എങ്ങനെയാണ് നിന്റെ മനസ്സിനെ നിന്റെ മനസ്സിനെ മറ്റു ചിന്തകളിലേക്ക് വ്യാപരിപ്പിക്കുക എന്ന് പിശാജ് ആലോചിച്ചുകൊണ്ടിരിക്കുക േ യുദ്ധത്തിന്റെ ഒരു ദിവസം ഉപവാസം വനാന്തരത്തിൽ അവിടെ മരുഭൂമിയിൽ നിൽക്കുന്ന സമയത്ത് അത് വണാന്തരം അതൊരു മരുഭൂമിയാണ് അന്ത വണാന്തരത്തിലൂടെ ചർച്ച എൽഡേഴ്സ് മാറ്റാ അവിടെ മരുഭൂമിയിൽ സഭയിലെ മൂപ്പന്മാർ അവിടെ ഇല്ല അത് വണാന്തരത്തിലൂടെ തായ്തപ്പൻ എടുക്കാരുഭൂമിയിൽ നിങ്ങളുടെ മാതാപിതാക്കൾ ഉണ്ടാവുകയില്ല നീ ഒരു ഹോസ്റ്റലിൽ இருக்க வேண்டியതാർക്കും നീ ഒരു ഹോസ്റ്റലിൽ ആയിരിക്കാം നിന്റെ താമസം. ഓന്റെ കോളേജിൽ നീ இருக்க வேண்டியതാർക്കും നിന്റെ കോളേജിൽ ആയിരിക്കാം നീ. ഓന്റെ റൂംമേറ്റ്സ്ഓടൻ இருக்க வேண்டியതാർക്കും നിന്റെ റൂമിലുള്ള കൂട്ടുകാരോടോപ്പം നീ ആയിരിക്കുന്നു. ഓന്റെ റൂംമേറ്റ്സ് അവിശ്ವಾസിയാറുപാങ്ങ അവിശ്വാസിയായ റൂംമേറ്റിനോടോപ്പം നീ ആയിരിക്കുന്നു. ഓന്റെ റൂംമേറ്റ്സ് കൊണ്ട് ഒരു മാസ്റ്റർബേഷൻ ചെയ്യുന്നവനാറുപാങ്ങ നിന്റെ റൂംമേറ്റ് സ്വയംഭോഗത്തിൻ അടിയുകളായിട്ടുള്ള വ്യക്തികളായിരിക്കും. ഓന്റെ റൂംമേറ്റ്സ് കൊണ്ട് ആൺപുണർച്ഛ കാരണാറുപാങ്ങ നിന്റെ നിന്റെ കൂടെ താമസിക്കുന്ന നിന്റെ റൂംമേറ്റ് ഒരു ഹോമോസെക്ച്വൽ ആയിരിക്കും. നി കോളേജിൽ എப்படி നടക്കണമെന്ന് അറിയാതി. കോളേജിൽ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് അറിയാത്തവൻ. ഒന്നിടെ യുദ്ധനാൾ уണക്കണ്ട്. നിനക്ക് യുദ്ധത്തിന്റെതായ ഒരു ദിവസം ഉണ്ട്. ഇന്നിക്ക് നിങ്ങൾ സേഫ്റ്റിയാർക്കിങ്, സേഫ് സോണില് ഇരിക്കിങ്ങേ. ഇന്ന് നിങ്ങൾ ഒരു സേഫ് സോണിലാണ്. സുരക്ഷിതമായ ഒരുിടത്തിലാണ്. പെട്രോരോട ഇരിക്കിങ്ങേ. ിൽ നിന്നതുപോലെ വരും അപ്പൊ കയ്യിലേശന്റെ കയ്യിൽ വാളുണ്ടായിരുന്നു എപ്പി ജയം ജയമെടുക്കാൻ പട്ടയറപ്രകാരം ഏതെങ്കിലും girls boys chatting samayate samayam ി സമയം തീരുന്നുളൊക്കെ പിന്നീട് നിങ്ങൾക്ക് ആവശ്യ സമയത്ത് നിങ്ങളുടെ കയ്യിൽ ദൈവ വചനം ഉണ്ടാവുകയില്ല എന്നാൽ ഇസ്രായേൽ ദേശത്തെങ്ങും ഒരു കൊല്ലനെ കാണുവാനില്ലായിരുന്നു എബ്രായർ വാളോ കുന്തമോ തീർപ്പിക്കരുത് എന്ന് ഫിലിസ്ത്യർ പറഞ്ഞു ഇസ്രായേലിയർ തങ്ങളുടെ കൊഴു കലപ്പ മഴ വെണ് മൺവെട്ടി എന്നിവ കാശിക്കുവാൻ ഫലിസ്തീനെ അടിക്കൽ ചെല്ലേണ്ടി വന്നു എന്നാൽ മൺവെട്ടി കലപ്പ മുപ്പല്ലി മഴ എന്നിവയ്ക്കായും മുടിങ്കോൽ കൂർപ്പിക്കുവാനും അവർക്ക് അരം ഉണ്ടായിരുന്നില്ല ആകിയാൽ യുദ്ധ സമയത്ത് ഷവലിനോടും യുവനാഥവനോടും കൂടെയുള്ള ജനത്തിൽ ഒരുത്തിനും വാളും കുന്തവും ഉണ്ടായിരുന്നില്ല വസനം യും ജീവിതത്തിൽ അവൻ തന്റെ വഴികളെ മോശിയെയും സ്വഭാവത്തെ ഒക്കെ മോശിക്ക് ദൈവം വെളിപ്പെടുത്തി തമത്യകളെ ഇസ്രായേൽ പുത്രർക്ക് എന്നാൽ ഇസ്രായേൽ മക്കൾക്ക് തന്റെ ക്രിയകളെ തന്റെ പ്രവർത്തനങ്ങളെയാണ് കാണിച്ചത് അത് എന്റെ അപ്പനും അമ്മക്കും അപ്പായും അമ്മയ്ക്കും അറിയാം എനിക്ക് അറിയില്ല ോട് ചോദിക്കറിനെന്താണ് അറിയാവുന്നത് കാലയിൽ ഇങ്ങനെ രാവിലെ വരുന്ന മഞ്ഞ ഉണ്ടല്ലോ മഞ്ഞ അതെനിക്കറിയാം സായന്ത്രം കാട എനിക്ക് വൈകുന്നേരം വരുന്ന ഈ കാടയിറച്ചി അതെനിക്ക് അറിയാം അവിടെ അഗ്നി മേഘസ്തംഭം അതെനിക്ക് അറിയാം അഗ്നി സ്തംഭം എനിക്ക് രാത്രിയിലുള്ള മോശിക്ക് അറിഞ്ഞാ മതി അപ്പൊ അപ്പൊ നിനക്ക് എന്താ അറിയാവുന്നത് മരുഭൂമിയിൽ ഇസ്രായേലിന്റെ മതം എന്ന് പറയുന്നത് കുടിക്കുക പാനം ചെയ്യുക കളിക്കുക അമ്മയാണ് ഒരു പക്ഷേ നിങ്ങളുടെ സഭാ സഭകളിൽ നിന്ന് പുറത്ത് വന്ന് അവര് ഇട്ടിന് പലതരത്തിലുള്ള പാരമ്പര്യങ്ങളെ ഉപേക്ഷിച്ച് വന്നവർ കരയെത്തി മഹിമയാണ് കണ്ടുപിടിച്ച് വില കൊടുത്ത് ഈ ഒരു സുവിശേഷത്തിന്റെ പുറകേ പോയ മാതാപിതാക്കൾ ഉള്ളതപ്പൻ ദൈവത്തെ അറിഞ്ഞിരിക്കലെ നിങ്ങളുടെ മക്കളുടെ കൂട്ടത്തിനിടയിൽ യോശുവായും അല്ലാതെ ദൈവത്തെ വ്യക്തിപരമായി അറിഞ്ഞവർ മറ്റാരും ഉണ്ടായിരുന്നു അവർ മുപ്പത്തി രണ്ടാം അധികാരത്തിൽ ായേൽ മക്കൾക്ക് എന്തൊക്കെ അറിയാമായിരുന്നു എന്ന് നാം അവിടെ വായിക്കുന്നു എഴുന്നേറ്റ് ഹോമയാഗങ്ങൾ കഴിച്ച് സമാധാന യാഗങ്ങളും അർപ്പിച്ചു ജനം ഭക്ഷിക്കുവാനും കുടിക്കുവാനും ഇരുന്നു കളിക്കുവാൻ എഴുന്നേറ്റ് മീറ്റിംഗിന് രാവിലെ തന്നെ പുറപ്പെട്ടു അത് അധികാളയിൽ രാവിലെ തന്നെ എഴുന്നേറ്റും പന്ത്രണ്ട് ഒരു മണി വരെ മീറ്റിംഗ് കഴിഞ്ഞു വരെ മണിക്ക് സർവീസ് ഒന്നര വരെ സർവീസ് കഴിഞ്ഞു ബസ് പിടിച്ച് ചർച്ചയ്ക്ക് രാവിലെ തന്നെ എഴുന്നേറ്റ് ബസ് പിടിച്ച് മീറ്റിംഗിന് വന്നതാണ് 1 ും സമാധാനോടെ ഞായറാഴ്ച രാവിലെ ഞാൻ അതിനുശേഷം മൺഡേ സൺഡേ ആഫ്റ്റർനൂൺ സൺഡേ ഈവനിങ് മൺഡേ സാറ്റർഡേ വരയ്ക്കും വിളയാട്ട് അപ്പം ചിലർക്ക് ഞായറാഴ്ച മീറ്റിംഗ് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ ഉടനെ തന്നെ ചിലർക്ക് അത് കഴിഞ്ഞ് വൈകുന്നേരം ചിലർക്ക് അത് കഴിഞ്ഞ് അടുത്താഴ്ച മുഴുവൻ കുടിക്കുക പിന്നെ ഭക്ഷിക്കുക കുടിക്കുക കളിക്കുക ഇത് ദൈവത്തിൻ്റെ ഹിതമല്ല இந்த ریلیஜியன் நமக்கு வேண்டாம். ഈ ഒരു മതം നമുക്ക് വേണ്ട. ஆண்டвере, നൗമേ ഞാൻ പേഴ്സനലാവുമേ എന്നെ അറിയ ണ്ടുകൊള്ളട്ടാ ஆண்டвере. ദൈവമേ, വ്യക്തിപരമായിട്ട് അങ്ങയെ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. உம்முடைய വഴികളെ ഞാൻ അറിയ ണ്ടുകൊള്ളട്ടോ. അങ്ങയുടെ വഴികൾ ഞാൻ അറിയട്ടെ. ഒരു യോషుവാ உம்முடைய വഴികളെ മോശിയേ കൂടെ ഇരുന്ന് അറിഞ്ഞതുപോലെ മോശിയോടൊപ്പം നിന്ന് ദൈവത്തിന്റെ വഴികളെ അറിഞ്ഞ യോషుവേ പോലെ. അതുവരെ നമ്മ എഴുന്നേൽ മണം. െ ഡിയൽ പിന്നാലെ നാട് കടത്തപ്പെടുവാനോ ഒരു കാലത്ത് കടത്തപ്പെടുമെന്ന് അറിയില്ലായിരുന്നു അമ്മക്ക് അറിയില്ല അടിമയായി കൊണ്ടുപോകുന്നു അറിയില്ല എന്നാൽ ഈ ഭക്ഷണങ്ങൾ ഒന്നും ഞാൻ കഴിക്കരുത് എന്ന് ദാനിയലിന് അറിയാമായിരുന്നു പിന്നാലെ യുദ്ധനാൾ അവനക്ക് അവന് പിന്നീടാണ് അവൻ്റെ ജീവിതത്തിലെ യുദ്ധത്തിന്റെ ദിവസം വന്നത് ബാബിലോക്ക് രാജാക്കാൻ ബാബലോണിലെ രാജാവിന്റെ മുമ്പാകെ നിൽക്കേണ്ടി വന്ന യുദ്ധ ദിവസം ആ സമയത്ത് ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ ഒത്തുതീർപ്പുകാരുകയില്ല ഞാൻ ഇവിടെ നിന്ന് മാറി മാറിപ്പോകും മാറ്റേ ഞാൻ അശുദ്ധനാക്കുകയില്ല ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അപ്പോസ്തോൾ ഒരു മർമ്മടിയ പിറന്ന ഒരു മനുഷ്യന്റെ കാര്യം വീണ്ടും ജനനം പ്രാபிിച്ച ഒരു വ്യക്തിയുടെ ജീവിതം ഇവിടെ നാം കാണുന്നു അപ്പോസ്തോലപ്രവൃത്തികൾ 9-ാം അദ്ധ്യായം അപ്പോസ്തലപ്രവൃത്തികൾ 9-ാം അദ്ധ്യായം ഷൗൽ ദൈവനെ എൻകൗണ്ടർ பண்တာ ഫസ്റ്റ് എൻകൗണ്ടർ മുന്നിഞ്ഞിருச்சி ഷൗൽ ദൈവത്തോട് ദൈവം ഷൗലിനെ പിടിച്ച ആദ്യത്തെ അനുഭവമാണ് നാം നേരത്തെ ചിന്തിക്കുകയുണ്ടായി അവരുടെ பார்வை പേടിച്ച് അവന്റെ കാഴ്ച നഷ്ടപ്പെട്ടു അവര് ദമസ്കൊക്കു പോയി ഇറങ്ങிறார் അവൻ ദമസ്കൊസിലേക്ക് പോവുന്നു ഒരു മൂന്ന് நாட்கள் ഒരു ഫാസ്റ്റിംഗ് പ്രെയർ ലേന്ത അവിടെ മൂന്ന് ദിവസം മൂന്ന് ദിവസം ഉപവാസത്തോടു കൂടെ അവനായിരിക്കുന്നു എന്നാൽ ഉണ്ടായിരുന്നു അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാളു കർത്താവെ അടിയനിതാ എന്ന് അവൻ വിളി കേട്ടു വാക്യം കർത്താവ് അവനോട് നീ എഴുന്നേറ്റ് നേർവീധി എന്ന തെരുവിൽ ചെന്ന് യൂതയുടെ വീട്ടിൽ ൾ അത് ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നു അവൻ പ്രാർത്ഥിക്കുന്നു അവൻ ഇപ്പോഴും ജപം പ്രാർത്ഥിക്കുന്നു അവൻ മറുപടി പിറന്നിട്ടാപിച്ചിരിക്കും അവൻ എന്നോട് ഒരു ബന്ധം അവൻ ഉണ്ടായിട്ടുണ്ട് അവനായിരിക്കുന്നു പാപങ്ങളെയും അവൻ അറിയിട്ട് ജോമണി കൊണ്ടിരിക്കാൻ എനിക്ക് വിരോധമായി അവൻ ചെയ്ത പാപങ്ങളെ ഏറ്റു പറഞ്ഞ് അവൻ അനുതാപത്തോടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവനെത്മാവിന്റെ നിറവ് പ്രാപിക്കുവാനായി അവന് വേണ്ടി നീ പ്രാർത്ഥിക്കുക െ അയച്ചതിനെ കുറിച്ച് നാം ചിന്തിച്ചു അവന്റെ അടുക്കിലേക്ക് അയച്ചു അന്തരംഗമാണ് ജപത്തിലെമണി കൊണ്ടിരിക്ക അവന്റെ ജീവിതത്തിലേക്ക് ഇവന് സ്നാനം കൊടുത്ത് പരിശുദ്ധാത്മാവന്റെ നിറവിനായിട്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ദൈവവചനം വായിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ദൈവത്തിന് കാണുവാൻ കഴിയുമോ നിശ്ചയെങ്കിൽ തീർച്ചയായും